അവരിൽ ചിലർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ അവർക്കത് മനസ്സിലാകാതിരിക്കാൻ അവരുടെ ഹൃദയങ്ങളിൽ മറകളും കാതുകളിൽ ബധിരതയും നാം അവർ എല്ലാ ദൃഷ്ടാന്തങ്ങളും കണ്ടാലും അതിൽ വിശ്വസിക്കുകയില്ല അവർ നിങ്ങളോട് തർക്കിക്കാൻ വരുമ്പോൾ സത്യനിഷേധികൾ പറയും ഇതൊക്കെ മുൻഗാമികളുടെ കെട്ടുകഥകൾ മാത്രമാണ്